അതോ ഇത് അദ്ദേഹം കെട്ടിച്ചമച്ചതാണെന്നവർ പറയുന്നോ പറയുക ഞാനിത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എന്റെ കുറ്റം എന്റെ മേൽ തന്നെയാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണ്